അങ്ങനെ ഓരോരുത്തരെയും അവരുടെ പാപങ്ങൾ കാരണം ഞങ്ങൾ ശിക്ഷിച്ചു അവരിൽ ചിലരുടെ മേൽ കല്ലിടിച്ച കാറ്റാണ് ഞങ്ങൾ അയച്ചത് ചിലരെ ഭയാനകമായ ശബ്ദം പിടികൂടി ചിലരെ ഞങ്ങൾ ഭൂമിയിലേക്ക് താഴ്ത്തി ചിലരെ ഞങ്ങൾ മുക്കിച്ചു അള്ളാഹുസുഹാനഹുവ ചായ അവരോടനീതി കാണിക്കുകയില്ല മറിച്ച് അവർ സ്വന്തം ശരീരത്തോടാണ് അനീതി കാണിച്ചത്